അവിടെ ഓരോ ആത്മാവും താൻ മുൻകൂട്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പരീക്ഷിക്കപ്പെടും അവർ സത്യമായ രക്ഷാധികാരിയായ അള്ളാഹു സുബാനഹുവത്ത് ആല വിങ്കലേക്ക് മടക്കപ്പെടും അവർ കെട്ടിച്ചമച്ചിരുന്നതെല്ലാം അവരിൽ നിന്ന് അകന്നുപോകുകയും ചെയ്യും